എല്ലാവർക്കും എൻ്റെ പ്രണാമം ഏഴാമധ്യായം നാലും അഞ്ചും ആറും ശ്ലോകത്തിലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു ഭൂമി രാ എന്ന് തുടങ്ങുന്നതാണ് ഭൂമി രാണഭവനോച്ചിരയ അഹങ്കാരീയം മേ ഭി പ്രകൃതിരഷ്ടപരേയസ്ത്വനം പ്രകൃതി വിധി മേ പരം ജീവഭൂത്താബാഹോ യം ധാരയത്തെ ജഗത്ത് എത്തോനീ സർവാണി ഭൂതധാരയ അഹം കൃത്നശ പ്രഭവ പ്രളയസ്ഥഥ ഇതാണ് മൂന്ന് ശ്ലോകങ്ങൾ ഭൂമി രാകോ നല്ലോ വായുഭൂതങ്ങൾ ഭൂമി വെള്ളം അഗ്നി വായു ഖം ആകാശം മനോബുദ്ധി രേവച്ച മനസ് ബുദ്ധി അഹങ്കാരയിത് എന്നെ അഹങ്കാരം ഭിന്ന പ്രകൃതിരഷ്ടഥ അർജുന ഇങ്ങനെ എൻ്റെ പ്രകൃതി എട്ടുവിധമായി കീഴും അവരെയെന്നും ഈ പ്രകൃതിയെ അപര പ്രകൃതി എന്ന് വിളിക്കുന്നു ഇത് സ്വന്യം പ്രകൃതി വിദ്ധിമേ പരാ ഇനി മറ്റൊരു പ്രകൃതിയുണ്ട് പരപ്രകൃതി ഇത് സ്ത്വന്യാം പ്രകൃതി വിധി മേപ്പം ജീവഭൂത്താം അതിൻ്റെ പേരാണ് ജീവൻ മഹാബാഹോ ഏതും ജഗത്ത് ഈ ജഗത്തിനെ നിലനിർത്തുന്നത് ഈ ജീവനാണ് ജീവപ്രകൃതിയാണ് ഇങ്ങനെ അപരപ്രകൃതി എട്ടണം പരാ പ്രകൃതി ജീവൻ ഒമ്പതട്ടോനീനി സർവീഭൂത ഈ കാണുന്ന സകല ജഗത്തും ഈ ഒൻപത് പ്രകൃതികൾ കൂടിച്ചേർന്ന് നിർമ്മിച്ചിരിക്കുകയാണ് എന്തിനാൽ അഹം ക്രിസ്നസ് ജഗത് പ്രഭവ പ്രളയ ഈ കാണുന്ന മുഴുവൻ ജഗത്തിൻ്റെയും ഉത്ഭവവും നിലനിൽപ്പും പ്രളയവും നിലനിൽപ്പ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതും ഇതിനിടയ്ക്ക് ഓർമ്മിക്കേണ്ട ഉത്പത്തിസ്ഥിതി ലയങ്ങൾ എല്ലാം എങ്കിൽ നിന്നാണ് അഹം കൃഷ്ണസ് ജഗത പ്രഭവ പ്രളയതത്ത ഇതാണ് ഈ ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥം ഏഴാം അധ്യായത്തിൽ ആദ്യം തന്നെ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ എന്നെ സംശയരഹിതമായും പൂർണ്ണമായും അല്ലോ അർജുന ഞാൻ ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തി തരാം എന്താണത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തു കൃഷ്ണനെ സംശയരഹിതമായി വെളിപ്പെടുത്തുന്നു എന്താ കൃഷ്ണൻ്റെ സ്വരൂപം ശുദ്ധമായ അഖണ്ഡമായ ബോധം ബ്രഹ്മമാണ് കൃഷ്ണൻ്റെ സ്വരൂപം ഇതാണ് കൃഷ്ണനെ സംശയരഹിതമായി വെളിപ്പെടുത്തുന്നത് കൃഷ്ണനെ വസുദേവപുത്രനായ ഒരു വ്യക്തിയായി കണക്കാക്കിയാൽ അപ്പത്തുടങ്ങും സംശയങ്ങൾ കൃഷ്ണൻ ഈശ്വരനാണെങ്കിൽ ഈ വ്യക്തി ഈശ്വരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടല്ലോ ബലരാമൻ അദ്ദേഹത്തിൻ്റെ കഥയോ അവതാരം എന്നൊക്കെയാണ് പറയുന്നത് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും അവത ഈശ്വരനാണ് അപ്പോൾ അദ്ദേഹം മദ്യപിക്കും ഒക്കെ ഭാഗവതം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബലരാമൻ്റെ കഥയോ ദശലസപുത്രനായ രാമൻ്റെ സ്ഥിതിയോ ക്രിസ്തു ഉണ്ട് നബിയുണ്ടാകെ സംശയത്തിന് കാരണമായി തീർ നേരെ കുറച്ച് ബോധം ശുദ്ധബോധമാണ് കൃഷ്ണൻ എന്ന് തീരുമാനിച്ചാൽ ഒരു സംശയവും ഇല്ല കൃഷ്ണനും ബോധം ബലരാമനും ബോധം ക്രിസ്തു ബോധം നബിയും ബോധം നമ്മളൊക്കെ ബോധം പിന്നെന്താ നമുക്കും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം കൃഷ്ണൻ താൻ ഖണ്ഡബോധം ശുദ്ധബോധമാണെന്ന് സാക്ഷാത്കരിച്ചനുഭവിക്കുന്നു നമ്മളാലും നമ്മളൊക്കെ അതാണ് ഇപ്പോഴും അതാണ് യാതൊരു സംശയമില്ല പക്ഷെ നമ്മളത് സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നില്ല ഇത്രയുള്ള വ്യത്യാസം അപ്പോൾ കൃഷ്ണൻ സംശയരഹിതമായും അഖണ്ഡ ബോധവസ്തുവാണ് ഇനി അദ്ദേഹത്തിൻ്റെ പൂർണ്ണത എന്താണ് സമഗ്രൻ സംശയം സമഗ്രമാണ് അത് കൃഷ്ണനെ ഉള്ളി വാസുദേവ സർവം വാസുദേവനല്ലാതെ അതായത് ഗംഭമല്ലാതെ ഇവിടെ ലേശം പോലും മറ്റൊരു വസ്തു ഇല്ല ഇതറിയുന്നതാണ് കൃഷ്ണൻ്റെ സമഗ്രമായ രൂപം ഇത് സിദ്ധാന്തപരമായി അറിയുന്നത് ജ്ഞാനം ഇതനുഭവിച്ചറിയുന്നത് വിജ്ഞാനം അപ്പോൾ ഏഴാം അധ്യായത്തിലെ മറ്റ് ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏഴാം അധ്യായത്തിലെ ആരംഭത്തിലുള്ള ഈ പ്രതിജ്ഞ മറക്കാതിരിക്കുക ആ ശ്ലോകങ്ങളിലെല്ലാം കൃഷ്ണൻ ആ പ്രതിജ്ഞ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടോ നമുക്ക് ആറാമത്തെ പദ്യത്തിൻ്റെ ഉത്തരാർത്ഥം മുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം അഹം കൃത്നസ് ജഗത പ്രഭവ പ്രളയസ്പഥ അർജുന ഞാൻ തന്നെയാണ് ഈ മുഴുവൻ ജഗത്തിൻ്റെയും ഉത്പത്തിസ്ഥിതി ലയങ്ങൾ ഒക്കെ കാരണം ഞാൻ എന്നിൽ നിന്ന് തന്നെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അമീപം മുതലുള്ള അല്ലെങ്കിൽ ശക്തിസ്പന്ദനം മുതലുള്ള അനന്ത കോടി ബ്രഹ്മാണ്ഡങ്ങൾ എന്നിൽ തന്നെയാണ് ഉണ്ടെന്ന് തോന്നുന്നത് എന്നിലാണ് നിലനിൽക്കുന്നത് എന്നിൽ തന്നെ തിരിച്ചിലയിക്കുന്നു ഇതാണ് വസ്തുതയെങ്കിൽ ഒന്നിൽ ഉണ്ടെന്ന് തോന്നി ഒന്നിൽ നിലനിന്ന് അതിൽ തിരിച്ചിലയിക്കുന്നു ഏത് കാഴ്ചയും അതല്ലാതെ മറ്റൊന്നാകാൻ സാധ്യമല്ല അപ്പോൾ വെള്ളത്തിൽ സമുദ്രത്തിൽ തിരകലും കുമളകലും പൊന്തുന്നു തിരകളും കുമിളകളും വെള്ളത്തിൽ പൊന്തുന്നു നിലനിൽക്കുന്നു തിരിച്ചിലയിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവയൊക്കെ വെള്ളമല്ലാതെ മറ്റൊന്നും ആകാൻ സാധ്യമല്ല അപ്പോൾ സമഗ്രം എൻ്റെ പൂർണ്ണരൂപം ഞാൻ അർജുന നിനക്ക് വിളിപ്പൊടുത്തി എന്താ അഹം കൃഷ്ണ ജഗത്ത പ്രഭ പ്രളയസ്ത എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് ഞാനാണ് ഞാനാണ് ഞാനല്ലാതെ ഇവിടെ മറ്റൊരാളൊന്നും തന്നെ ഇല്ല ഇവിടെയും അഹം എന്ന് പറയുന്നിടത്ത് വസുദേവപുത്രനായ കൃഷ്ണനാണ് എന്ന് തീരുമാനിച്ചാൽ ഇതെങ്ങനെ നമ്മളർത്ഥം പറയും ഉപനിഷത്ത് ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് ബ്രഹ്മത്തിലാണ് അതായത് അഖണ്ഡബോധം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധവും ആനന്ദസ്വരൂപവുമായ അഖണ്ഡബോധം അതിലാണ് ജഗത്ത് ഉണ്ടെന്ന് തോന്നുന്നത് നിലനിൽക്കുന്നത് നയിക്കുന്നത് എന്ന എല്ലാ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇവിടെയും അഹം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് പരമാത്മാവാണ് അത് ശരി അപ്പോൾ ഈ പലതായി കാണുന്നതോ പഞ്ചഭൂതങ്ങൾ നമ്മുടെ മുകളിൽ തന്നെ അഹങ്കാരം ബുദ്ധി മനസ്സ് ഇങ്ങനെയൊക്കെ പലതും കാണുന്നു ഈ പലതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് അർജുന അതൊന്നും സാരമില്ല അതൊക്കെ എൻ്റെ പ്രകൃതി എൻ്റെ പ്രകൃതി എന്ന് വെച്ചാൽ എൻ്റെ ശക്തി ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകൾ പ്രകൃതി എന്ന് വെച്ചാൽ ബ്രഹ്മശക്തി മായ പ്രകൃതി പ്രകൃതി എന്ന പദം തന്നെ കർമ്മം കൊണ്ട് പലതിനെ ഉണ്ടാക്കി കാണിക്കുന്നവൾ എന്ന പ്രകൃതി പ്രകർഷണ കൃതി കൃതി എന്ന് വെച്ചാൽ കർമ്മം പ്രകൃതി ശക്തിസ്പന്ദന രൂപത്തിലാണ് തുടരുന്നത് സ്പന്ദനാത്മിക സ്പന്ദനമാണല്ലോ കർമ്മത്തിൻ്റെ ആദിമരൂപം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എനർജി എനർജിയാണ് സ്പന്ദനം ശക്തിയുടെ സ്പന്ദനമാണ് എനർജി എനർജിയുടെ രൂപത്തിൽ ആരംഭിക്കുന്നതാണ് പ്രകൃതി ഉപനിഷത്ത് പറയുന്നു ഒക്കെ എന്ത് വ്യക്തമായി ഉപനിഷത്തിൽ പറയുന്നു പ്രാണേന സംഭവത്തി പ്രാണനോടുകൂടി പൊന്തി വരുന്നു പ്രകൃതി ശക്തി ഈ പ്രകൃതി ഉണ്ടെന്ന് എപ്പോഴാണറിയുന്നത് പ്രാണൻ പൊന്തി വരുമ്പോൾ അറിയുന്നു ശക്തിയെ നേരിട്ട് കാണാനൊക്കില്ലല്ലോ അഗ്നിക്ക് ചൂട് ഉണ്ടാക്കുക എന്നുള്ള ശക്തിയുണ്ട് അത് നേരിട്ട് കാണാനൊക്കില്ല അഗ്നി വസ്തുക്കളെ എരിച്ച് ഇരിക്കുക എന്ന കാര്യം നടത്തുമ്പോൾ അഗ്നിക്കാൻ ശക്തി ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം അതുപോലെ ഇവിടെ പ്രാണൻ പൊന്തി വരുമ്പോൾ ഐ എനർജി സ്പന്ദിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെയാണ് ആധുനിക ശാസ്ത്രം എന്നും ആകെ തപ്പിത്തടയുന്നത് എനർജികളെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനർജി സ്പന്ദിക്കുന്നു ഇത് ഇതേത് ബേസ് ഏതടിത്തറയിൽ എനർജി സ്പന്ദിക്കുന്നു പുറമേ അന്വേഷിക്കുന്നയാൾക്കൊരിക്കലും പിടികിട്ടില്ല ആധുനിക ശാസ്ത്രമൊന്നും ഇനി ഒരു കാലത്തും ഏതാജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു എന്ന് പുറമെ അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്നില്ല നമ്മുടെ ഒരു ശീശ്വരന്മാർ ഉപനിഷത്തിലെ ഒരു ശീശ്വരന്മാർ പ്രാണനപ്പുറത്തുള്ള പ്രാണനെപ്പോലും നിയന്ത്രിച്ച് മാറ്റി പ്രാണനപ്പുറത്തുള്ള നിശ്ചലവും അഖണ്ഡവും ആനന്ദഘനവുമായ ബോധം പ്രാണൻ എവിടെ എവിടെയൊക്കെ സ്പന്ദിക്കുന്നു അവിടെ അവരൊക്കെ നിശ്ചലവും അഖണ്ഡവും ആനന്ദഘനവുമായ ബോധം അതിലൊന്നാണ് പ്രാണൻ സ്പന്ദിക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളിലോ നമ്മുടെ ഉള്ളിലും പ്രാണം സ്പന്ദിക്കുന്നു നമ്മളതെന്നാണ് ആ പ്രാണൻ്റെ പുറകിൽ ഉള്ള വസ്തു ഈ നിശ്ചലവും അഖണ്ഡവും ആനന്ദഘനവുമായ ബോധമാണ് അഥവാ ബ്രഹ്മമാണ് ഉപനിഷത്ത് പറയുന്നു സംഭവത്യാതിഥർ അതിഥി എന്ന് പറഞ്ഞാൽ എല്ലാം ഒടുവിൽ ഭക്ഷിക്കുന്നവള് പ്രളയകാലത്തെല്ലാം ഭക്ഷിക്കുന്നവള് യാ പ്രാണേന സംഭവ സംഭവത്യതി അതിഥർ ദേവതാമി അങ്ങനെ ആ ദേവതാമയ ആണ് ഈ ശക്തി പ്രകൃതി ഇവിടെ ഭഗവാൻ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മ ശക്തി ശക്തി ആണിവിടെ സ്പന്ദിക്കുന്നത് ബ്രഹ്മം സ്പന്ദിക്കുന്നില്ല അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ബ്രഹ്മത്തിന് യാതൊരു ചലനവും സംഭവിക്കുന്നില്ല സംഭവിക്കാൻ വയ്യ അതൊക്കെ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എന്തായാലും തൽക്കാലം ്രഹ്മത്തിൽ നിന്ന് സ്പന്ദിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ആദ്യ സ്പന്ദനം ധ്വനിമയമായിട്ടാണ് അതോടുകൂടിയാണ് ആകാശത്തിൻ്റെ തോന്നുന്നത് നാലാം പന്യത്തിൽ നല്ല വായുഖം ഖം ആണ് ആകാശമാണ് ആദ്യം തോന്നുന്നത് ആകാശം ധ്വനിമയമായ സ്പന്ദനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഭാരതീയ ചിന്തകന്മാർ വളരെ അധികം വ്യക്തമായി പരീക്ഷിച്ച് അറിഞ്ഞിട്ടുണ്ട് ശൂന്യം പോലെ തോന്നുന്ന ഈ ആകാശം വെറും ശൂന്യമല്ല സ്ഫോടം എന്ന് പറയുന്ന ഗംഭീരമായ ധ്വനി ഈ ആകാശത്തിൽ സ്പേസിൽ സത സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശബ്ദവുമകമാകാശം എന്നൊക്കെ നമ്മുടെ ഷീശ്വരന്മാർ സിദ്ധാന്തിച്ചത് അവരെ എക്സ്പെരിമെൻറ്റ് സഹിതം പറയുന്നു ചെവി രണ്ട് ചെവിയും കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു നോക്കൂ നിങ്ങൾക്കാ സ്ഫോടധ്വനിയുടെ മുഴക്കം മുഴക്കം കേൾക്കാൻ കഴിയും ഇത് ഈ ആകാശത്തിൽ സ്പന്ദിക്കുന്ന ധ്വനിയാണ് അങ്ങനെ ആകാശം രൂപം കൊണ്ടു ഈ ശബ്ദം സ്പർശത്ത് അംഗീകരിച്ച് വായുവായി സ്പർശത്തെ എപ്പോഴംഗീകരിച്ചു എങ്ങനെ അംഗീകരിച്ചു അതൊന്നും ചോദിക്കരുത് അപ്പോൾ മാർക്ക് ഒരിക്കലും പറയാനും സാധ്യമല്ല ഇവ തന്നെ ഇല്ലാത്ത കാഴ്ചകളാണ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഒരു ആധുനിക ശാസ്ത്രജ്ഞൻ ഫണ്ടമെൻ്റൽ എലമെൻസ് ഉണ്ടെന്നല്ലേ പറയുന്നത് എവിടെ വെച്ചാണ് ഫണ്ട ഫണ്ടമെൻ്റൽ എലമെന്റ്സ് വേറെതിരിയുന്നത് ജനാലിറ്റി ഫണ്ടമെൻ്റൽ എലമെൻസ് ആയത് നൂറ്റി ആറ് ഓളം ഫണ്ടമെൻ്റൽ എലമെൻസ് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതെവിടെ വെച്ച് ഈ ഫണ്ടമെൻ്റൽ എലമെൻസ് വേറെതിരിയുന്നു എന്തിന് വേറെതിരിയുന്നു എല്ലാം വെറും മഴ വരട്ടെ അതിരിക്കട്ടെ തൽക്കാലം വേറെ ഒന്ന് വെക്കുക അങ്ങനെ സ്പർശം രൂപം രസം ഗന്ധം ഇവയൊക്കെ ആശ്രയിച്ച് പഞ്ചഭൂതങ്ങൾ വേർതിരിഞ്ഞു പിന്നെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ബുദ്ധി മനസ്സ് മനസ്സ് ഇങ്ങനെ പല സങ്കല്പങ്ങളിൽ പെട്ട് ചഞ്ചലമാകുന്ന അന്തകരണമാണ് മനസ്സ് ആ ചഞ്ചലത പോയി ഒരു ലക്ഷ്യത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തി ഉറയ്ക്കുന്ന മനസ്സാണ് ബുദ്ധി ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്ത് കർത്തൃത്വവും ഭോക്തൃത്വവും അംഗീകരിക്കുന്ന ജീവനാണ് അഹങ്കാരം ജീവൻ എപ്പോഴാണോ ഭോക്തൃത്വവും കർത്തൃത്വവും അംഗീകരിക്കുന്നത് അപ്പോൾ അഹങ്കാരം ഇതൊക്കെ ഇത്രയൊക്കെ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി ശ്രീശങ്കരഭവത്പാദൻ ഈ ശ്ലോകം തന്നെ മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ആകെക്കൂടിയുള്ള സൃഷ്ടിയുടെ പ്രപഞ്ചത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചഭൂതങ്ങളെ പഞ്ചതന്മാത്രകളായും അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായും ബുദ്ധിയെ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്വബുദ്ധിയായും മനസ്സിനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രാണനായും അഹങ്കാരത്തെ അഹങ്കാരത്തിൻ്റെ ഉറവിടമായ അവ്യക്തമായും ആണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ശിവാരവിന്ദ മഹാഭാഷ്യൻ വായിച്ചു നോക്കുക അതിൽ വളരെ വിസ്തരിച്ച് ഈ ശ്രീശങ്കർ ഭഗവത് പാദരുടെ അഭിപ്രായം വിവരിച്ചിട്ടുള്ളൂ നമുക്ക് ഈ ചർച്ചയിൽ പ്രധാനമായി ഇത്തരം സാങ്കേതികമായ നൂലാമാലകളിൽ പെട്ട് സമയം കളയാനില്ല നമ്മുടെ ലക്ഷ്യം അതല്ല എന്തുകൊണ്ടെന്നോ ഈതോക്ക് ഈതോ ഒന്നും ില്ലാത്തതാണ് വെറും മായയാണ് എന്ന് ഉച്ചസ്ഥരം വേദാന്തം പ്രഖ്യാപിക്കുന്നു ഈ മായയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് എന്തിന് സമയങ്ങളാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അസംശയവും സമഗ്രവുമായി സത്യം കൃഷ്ണനെ അറിയണം അതാണ് അത് കൃഷ്ണൻ തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു ഇനി ജീവൻ ജീവൻ എന്നുള്ളത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ സ്പന്ദനം ഈ സ്പന്ദനം കർത്തൃത്വവും ഭോക്തൃത്വവും അംഗീകരിക്കുമ്പോഴാണ് അഹങ്കാരം എന്താ ജീവനും അഹങ്കാരത്തിനും നമ്മളുള്ള വ്യത്യാസം ഭംഗിയായി മനസ്സിലാക്കണം ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു ഞാൻ കേമൻ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഉൾക്കൊള്ളുമ്പോൾ ജീവൻ അഹങ്കാരമായി തീരുന്നു അതുവരെ ജീവൻ ഈ അഖണ്ഡബോധത്തിലെ ആദ്യത്തെ സ്പന്ദനം ഞാൻ ഞാൻ എന്താണ് പ്രകൃതി എന്ന് പറയാൻ കാര്യം അഖണ്ഡബോധത്തോട് അടുത്തു നിൽക്കുന്നു പക്ഷേ ജഡത്തിൻ്റെ കൂടെ അംശമാണ് ആകെക്കുടി ഈ ജഗത്തിനെ ജഡമെന്നും ബോധമെന്നും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉണ്ടായി മറയുന്നതൊക്കെ ജഡം അതിന് ഉണ്ടെന്ന് അനുഭവിക്കുന്ന വസ്തു ബോധം ബോധം സത്യം ജഡം അസത്യം ഈ ബോധത്തെയും ജഡത്തെയും ഗീതയിൽ തന്നെ ഈ രണ്ടേ ഉള്ളൂ ഇവിടെ രണ്ടേ രണ്ട് ഘടകങ്ങളെ ഉള്ളു ആര് വേണം ചിന്തിച്ച് നോക്കട്ടെ ബോധവും ജഡവും ഉണ്ടായി മറയുന്നതൊക്കെ ജേഡൻ ഗീത രണ്ടാമധ്യായത്തിൽ സാങ്കിബുദ്ധിയിൽ ദേഹത്തെ ജഡത്തെ ദേഹമെന്നും ബോധത്തെ ആത്മാവെന്നും ദേഹി എന്നും പറഞ്ഞിരിക്കുന്നു ഇതേ ദേഹത്തിൽ പിന്നെ പതിമൂന്നാം അധ്യായത്തിൽ ക്ഷേത്രമെന്നും ക്ഷേത്രജ്ഞനെന്നും ക്ഷേത്രം ജേടം ക്ഷേത്രജ്ഞൻ ബോധം വിഷയം വിഷയി ഇങ്ങനെയൊക്കെ പറയാം വിഷയം ജഡം വിഷയി ബോധം ശ്രീശങ്കരഭോഗത്പാദർ ബ്രഹ്മസൂത്രം ഭാഷ്യം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ നിലനിൽപ്പിന് രണ്ടായി വിഭജിച്ചു കാണിച്ചുകൊണ്ട് വിഷയം വിഷയി വിഷയം മിഥ്യ ഇല്ലാത്തത് വിഷയി മാത്രം സത്യം ഈ ചർച്ചയിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് കുറെ കൂടി ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം എന്തായാലും ഈ ജടങ്ങളെ ഒക്കെ അപരാപ്രകൃതി അപരാണെന്ന് വെച്ചാൽ കുറച്ച് മോശമായ താണപ്രകൃതി ജീവനെ പരാപ്രകൃതി ബോധത്തോടെ മറ്റ് ജടങ്ങളേക്കാൾ അടുത്തു നിൽക്കുന്നു നേരിട്ട് അഖണ്ഡബോധത്തിൽ ബ്രഹ്മത്തിൽ വെള്ളത്തിൽ കുമിള പോലെ പൊന്തുന്നതാണ് ഈ ജീവന്മാർ ജീവന്മാർ എന്തിനെ പൊന്തുന്നു വാശിഷ്ടവും മറ്റും പറയുന്നത് അത് ഈ വസ്തുവിൻ്റെ ഒരു പ്രകൃതി അകാരണ ഉപായം സർവേ ജീവാ പരാ ആ പരമ പരമാത്മ പദവിയിൽ നിന്ന് ഒരു കാരണവും കൂടാതെ വെള്ളത്തിൽ കുമിളകൾ പൊന്തും പോലെ ഈ ജീവന്മാർ പൊന്തുന്നു ഇന്നും പൊന്തിക്കൊണ്ടിരിക്കുന്നു മായ പ്രകൃതി പൊന്തിക്കുന്നു അതാണത് പ്രകൃതി പരാപ്രകൃതി ഈ ജീവൻ പിന്നെ സങ്കല്പിച്ചനുഭവിക്കുന്നതാണ് ജഗത്ത് ഈ ജഗത്തിന് പരമാത്മാവസ്തുവുമായി നേരിട്ടൊരു ബന്ധമില്ല പരമാത്മാവിനെ ലേശം പോലും ജഗത്ത് ചെയഗത്ത് ില്ല പിന്നോ ജീവൻ ജീവൻ പൊന്തി വന്നു ആ ജീവൻ സങ്കൽപ്പിച്ച അകാരണമീവാ സർവേ ജീവാ പരാത്മ പശ്ചാത്തണി കാരണം സുഖദുഃഖയോ ജീവനിങ്ങനെ പൊന്തി വന്നാൽ പിന്നെ അതിന്റെ സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണം അതിൻ്റെ സങ്കല്പങ്ങളും കർമ്മങ്ങളുമാണ് നമ്മളൊക്കെ ജീവന്മാരാണ് നമുക്ക് വേണമെങ്കിൽ നേരെ ആ പരമപഥത്തിൽ തിരിഞ്ഞ് ലയിക്കാം വെള്ളത്തിൽ പൊന്തുന്ന കുളക്ക് വേണമെങ്കിൽ ആ വെള്ളത്തിൽ തിരിച്ച് ലയിക്കാം അല്ലെങ്കിൽ തിരയായും വധയായും മഞ്ഞുക ആയത് വരെ രൂപം തരപ്പെടാം എന്താ വേണ്ടത് എന്നാ കുമളെ തീരുമാനിക്കണം അതുപോലാണ് അതുപോലാണ് ജീവൻ ജീവൻ ആ പരമപദത്തിൽ നിന്ന് പൊന്തുന്നു നമ്മളൊക്കെ നേരിട്ടാ ഗ്രന്ഥമാണ് നേരിട്ട് അതിൽ നിന്ന് നേരിട്ട് പൊന്തുന്നതാണ് ഞാൻ ഞാൻ എന്ന ജീവപ്രദം പക്ഷെ നമ്മൾ കർത്തൃത്വവും ഭോക്തൃത്വവും അംഗീകരിച്ച് അഹങ്കാരവും മന ബുദ്ധിയും മനസ്സും ഒക്കെയായി തടിച്ച് ൊടുവിൽ ജഡജഗത്തായി മാറുമ്പോൾ ജീവനാണ് ജഡജഗത്തിനെ മുഴുവനും നിലനിർത്തുന്നത് അവരെ മിക സ്വന്യാകൃതി ബുദ്ധിമേപ്പരാം ജീവഭൂത്താം മഹാബഹോ ഏകം ധാര്യത്തെ ജഗത്ത് ഈ ജഗത്ത് ഇങ്ങനെ നിലനിർത്തി പോരുന്നതും ജീവനാണ് എന്തെങ്കിലെല്ലാം തരത്തിലുള്ള ജീവിതങ്ങൾ അംഗീകരിച്ചാൽ നിരവധി ലോകങ്ങൾ നിരവധി ലോകങ്ങൾ ഉണ്ടോ സാർ നമ്മൾ ജീവിക്കുന്ന ഇടത്ത് തന്നെ എത്ര ലോകങ്ങളാണ് മനുഷ്യൻ്റെ ലോകം മൃഗലോകം മൃഗങ്ങൾക്ക് തന്നെ ഓരോരുത്തർക്കും ഓരോ ലോകം പട്ടിയുടെ ലോകം പൂച്ചയുടെ ലോകം ലോകമില്ലെന്നാണോ വിചാരം അവർക്ക് നമ്മുടെ ലോകമുണ്ടോ മനുഷ്യലോകം അവർക്ക് മനുഷ്യലോകമില്ല അവരോട് ആരും പറയും മനുഷ്യലോകം ഉണ്ടെന്ന് പൂച്ചകളുടെ ലോകം ഉറുമ്പിൻ്റെ ലോകം അമീവരുടെ ലോകം ചെടികളുടെ ലോകം മരങ്ങളുടെ വൃക്ഷലധാരുകളുടെ ലോകം അവയ്ക്കൊക്കെ ലോകമുണ്ട് അവനവൻ്റെ ശരീരം അഥവാ ഉപകരണം ഇന്ദ്രിയോപകരണം എങ്ങനെ എന്തു കാണിക്കുന്നു അതാണ് അവൻ്റെ ലോകം ലോക്യത്തെ ഇതി ലോക ഉപകരണങ്ങളിൽ കൂടെ കാണപ്പെടുന്നത് പട്ടിക്കുള്ള ലോകം പട്ടിയുടെ ഇന്ദ്രിയങ്ങൾ എന്ന ഉപകരണങ്ങളിൽ കൂടി കാണുന്ന ലോകം അതിപ്പോൾ എന്താണെന്ന് അതിനോട് ചോദിച്ചറിയോ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ ഏതാണ്ട് ഒരുപോലെ ആളുകളുണ്ട് അവിടെയും മനസ്സിന് വ്യത്യാസങ്ങൾ വന്നാൽ മനുഷ്യലോകം തന്നെ പറയാവും ചരൂരമായ ലോകം മൃദുവായ ലോകം വെളിച്ചമുള്ള ലോകം ഇല്ലാത്ത ലോകം ഇങ്ങനെ നിരവധി മനുഷ്യലോകങ്ങളും ഉണ്ടാവാം അപ്പോൾ ലോകം എവിടെയാണ് എങ്ങനെയാണ് ലോകമൊക്കെ ഈ ബ്രഹ്മത്തിൽ തന്നെ ഉപനിഷത്ത് ആവർത്തിച്ചു പറയുന്നു തദേവ ശുക്രം തൻ ബ്രഹ്മ തസ്മിൻ ലോകാശ്രിതാ സർവേ ഈ ബ്രഹ്മത്തിലാണ് ബ്രഹ്മത്തിലെവിടെയെന്നൊന്നും ചോദിക്കരുത് എവിടെയാണോ ലോകമനുഭവിക്കുന്നത് അവിടെ ഭൂലോകം എവിടെയാണ് എവിടെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അവിടെ ഇങ്ങനെ അനന്തകോടി ഭൂലോകങ്ങൾ പോലും ഉണ്ടാവാം എന്നാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത് ഇതൊക്കെ കൂടെ കയറ്റും പരിഭവിക്കരുത് ഇതിനൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ യേശോക ഈ ഉണ്ണിക്കണ്ണൻ്റെ തന്നെ അനന്ത കോഴി ബ്രഹ്മാണ്ടങ്ങൾ കണ്ടു എന്നല്ലേ പറയുന്നത് അതൊക്കെ ഇരിക്കട്ടെ എന്തായാലും ഈ പ്രകൃതി നമുക്ക് നേരിട്ട് കാണാവുന്ന പ്രകൃതിയെ ധരിച്ചാൽ മതി പഞ്ചഭൂതങ്ങൾ അഹങ്കാരം മനസ്സുദ്ധി ജീവൻ ഈ പ്രകൃതി ഒൻപത് പ്രകൃതികൾ എട്ട് ജടപ്രകൃതി അതായത് അപര ഒൻപതാമത്തെ ജീവൻ പരപ്രകൃതി ഈ ഒമ്പത് ഒമ്പത് കൊണ്ട് ചേർന്നാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കി അഴിക്കുന്നത് യോലീനി സർവാണിഭൂതാനി ത്യുവാനയ അർജുന ഇതിലൊന്നാണ് സകല പ്രപഞ്ചഘടകങ്ങളും ഉണ്ടായത് അപ്പം ഭഗവാനെ എന്തിനായി പറഞ്ഞത് എടെ ഇതൊക്കെ എൻ്റെ പ്രകൃതി ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകളാണ് എൻ്റെ ശക്തി അതുകൊണ്ട് ശക്തിയും ഞാനും ഒന്നു തന്നെ ഒരിക്കലും കാരണശക്തി കാരണത്തിൽ നിന്നും ഭിന്നമാകാൻ സാധ്യമല്ല ഒരു കാരണവും കണ്ടെത്തിയാൽ കാര്യങ്ങളെല്ലാം ആ കാരണമല്ലാതെ മറ്റൊന്നാകാൻ സാധ്യമല്ല ശിവശങ്കരഭഗോത്പാദൻ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ അനേകം പേരുകൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് കാരണവും കായികവും ഒരിടത്തും ഭിന്നമല്ല കാരണം കണ്ടെത്തിയാൽ എല്ലാ കാര്യങ്ങളും ആ കാരണം തന്നെയാണ് പല വീക്ഷണഗതിയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നു അപ്പോൾ ആഭരണങ്ങളും സ്പഷ്ടം എത്ര എത്ര ആഭരണങ്ങൾ വന്നാലും ആഭരണങ്ങളുടെ പരമ കാരണം അതുകൊണ്ട് ആഭരണങ്ങളെന്ന കാര്യങ്ങളെല്ലാം സ്വർണം തന്നെയാണ് അത് ശരി അത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിത്തും വൃക്ഷവുമോ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് ചോദ്യം ഇതാണ് വിത്തിൽ ഇല്ലാത്ത ഒരു വൃക്ഷം ഉണ്ടാകാൻ പറ്റുമോ ഒരിക്കലും സത്യമല്ല അപ്പോൾ വിത്തിൽ ചുരുങ്ങിയിരുന്നു അദ്ദേഹം ചോദിക്കുന്നു വിത്തിൻ്റെ വികസിച്ച രൂപം വൃക്ഷം വൃക്ഷത്തിൻ്റെ ചുരുങ്ങിയ രൂപം വിത്ത് ഇത് രണ്ടും രണ്ടാണ് എന്നാരെങ്കിലും വാദിച്ചാൽ ചുരുണ്ടുകൂടിക്കിടക്കുന്ന ദേവതത്തിനും കയ്യും കാലം നിവർത്തി കിടക്കുന്ന ദേവതത്തിനും രണ്ട് പേരാണെന്ന് പറയേണ്ടി വരും എന്താ ഒന്ന് ചുരുങ്ങി വികസിച്ച് ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ വിത്തിൽ ഇല്ലാത്ത വൃക്ഷമായി പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ അങ്ങനെയാണോ ആദരിക്കട്ടെ ശങ്കര ഈ പാലും വെണ്ണയുമോ അത് ശരി പാലിലില്ലാത്ത വെണ്ണ ഉണ്ടാക്കാൻ പറ്റുമോ പാലിൽ വെണ്ണ ഉണ്ടെന്ന് നിശ്ചയോടെ കൊണ്ടാണ് ആളുകൾ വെണ്ണ ഉണ്ടാക്കാൻ പാലെന്ന് എഴുതി നടക്കുന്നത് പാലിൽ നിന്നും ഭിന്നമായ ഒരു വെണ്ണയും ഒരിടത്തും ഉണ്ടാകാൻ സാധ്യമല്ല അങ്ങനെ നിശ്ചയമില്ലായിരുന്നെങ്കിൽ വെള്ളം ഒന്ന് കളഞ്ഞ് വെണ്ണ എടുക്കാമായിരുന്ന അപ്പോൾ പാൽ തന്നെ എണ്ണ സംശയമൊന്നുമില്ല അപ്പം എള്ളും എണ്ണയുമോ ഇതൊക്കെ ചർച്ച നല്ല രസകരമായ ചർച്ചയാണ് ഓ എള്ളിലാത്ത എണ്ണ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്താ എണ്ണ വേണമെന്നുള്ളവർ എള് എണ്ണയിൽ നടക്കുന്നു എന്താ അതിലിരിക്കുന്നു എണ്ണ അപ്പോൾ എള്ളിൽ ഉള്ള എള് തന്നെ എണ്ണ അതല്ലെങ്കിൽ കുറച്ച് മണൽ തെറി ആട്ടി എണ്ണ എടുത്തുകൂടായിരുന്നു എണ്ണ വരെ എവിടെയെങ്കിലും കിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല അപ്പോൾ കാരങ്ങൾ കാര്യങ്ങൾ ഒരിടത്തും ഭിന്നമല്ല ഒടുവിൽ അദ്ദേഹം സമർത്ഥിക്കുന്നു നൂറ് ജന്മം ഇണഞ്ഞ് പരിശ്രമിച്ചാലും ഒരാൾക്ക് കാരണത്തിൽ നിന്നും ഭിന്നമായ ഒരു കാര്യം ഉണ്ടെന്ന് സമർത്ഥിക്കാനേ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ അർജുനായ എൻ്റെ ശക്തി ശക്തി ഞാൻ തന്നെ ശക്തിയൊന്നും ഭിന്നമല്ല അപ്പോൾ ശക്തി ഞാൻ തന്നെ ശക്തി ഉള്ളാക്കാണിക്കുന്ന കാര്യങ്ങളോ ഞാൻ തന്നെ ഒരിക്കലും എന്നിൽ ഇല്ലാത്ത കാര്യങ്ങൾ ശക്തിക്കുണ്ടാക്കി കാണിക്കാൻ സാധ്യമല്ല കാരണസ്യ ആത്മഭൂത ശക്തി ശക്തേരാത്മഭൂതം കാര്യം തസ്മാ കാരണകാര്യയോരഭേദത്വം ഇതാണ് കാരണത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ശക്തി അപ്പോൾ ശക്തി ഒരിക്കലും കാരണത്തിൽ ഒന്നും ഭിന്നമല്ല ഇനി ശക്തി ഉണ്ടാക്കി കാണിക്കുന്ന കാര്യരൂപങ്ങളോ ശക്തേരാത്മഭൂതം കാര്യം ശക്തിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും ഉണ്ടാക്കി കാണിക്കാൻ സാധ്യമല്ല അപ്പം ശക്തിയുടെ സ്വരൂപം തന്നെ ആണ് കാര്യം കാര്യം ശക്തേരാത്മഭൂതം കാര്യം അപ്പോൾ ഒരു കാരണം കണ്ടെത്തിയാൽ എന്തെങ്കിലുമൊക്കെ നാമരൂപങ്ങൾ അതിലൊന്ന് വേറെറിഞ്ഞാലും ശരി ആ കാരണമല്ലാതെ മറ്റൊരു പദാർത്ഥമുണ്ടാകാനേ സാധ്യമല്ല എന്തിനിതൊക്കെ ഇത്ര വിവരിക്കുന്നു സർവ ബ്രഹ്മമയം എന്ന ഗംഭീരമായ സിദ്ധാന്തം ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മിച്ച് ജീവിതത്തെ ധന്യമാക്കുക ബ്രഹ്മമാണ് ജഗത്തിൻ്റെ പരമകാരണം പരമകാരണം കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഭാഗവതത്തിൽ വിഷ്ണു തന്നെ ബ്രഹ്മാവിനോട് പറയുന്നു ചതശ്ലോകി ഭാഗവതത്തിൽ അത് എന്താ ഇതിന് ഇത്ര പ്രയാസം എന്താ ഇതിന് സൂര്യനിലും ചന്ദ്രനിലും ഒന്നും പോകേണ്ട കാര്യമില്ല കുറച്ച് കാര്യങ്ങളുടെ കാരണത്തെ കണ്ടുപിടിക്കണം എന്താ മാർഗം ഏതുണ്ടെങ്കിൽ ഈ കാര്യങ്ങളുണ്ട് ഏതില്ലെങ്കിലില്ല അത് മാത്രം അന്വേഷിക്കൂ ഏതാ ജിജ്ഞാസേന തത്വജിജ്ഞാസനാത്മന അന്വയതിരേഖാഭ്യം യത്യാ സർവത്ര സർവത വാസ്തവത്തിൽ എത്ര ഗംഭീരമായി എത്ര ലളിതമായി ഈ ജഗത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഭാഗവത ഉമ്മറ്റം ഇത്രമാത്രമേ നിങ്ങൾ അന്വേഷിക്കുള്ളൂ ഏതുണ്ടെങ്കിലും ഈ ജഗത്തുണ്ട് ിൽ ആഭരണങ്ങളുണ്ട് ഏതില്ലെങ്കിൽ ആഭരണങ്ങളില്ല സ്വർണം അതുകൊണ്ട് ആഭരണങ്ങളെല്ലാം സ്വർണം ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട് ബോധം ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം അതാണ് ഉമ്മ ബോധത്തിന് മാത്രമേ ഉമ്മയുള്ളൂ മറ്റൊക്കെ ബോധത്തിൻ്റെ മുമ്പിൽ പോകുന്ന ഉമ്മയാണ് ഈ മേശയ്ക്കുമ്മ ഉണ്ടോ മേശയ്ക്കറിഞ്ഞുണ്ട മേശ ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ല ഇല്ലെങ്കിൽ ഇനി ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല ഉണ്ടെങ്കിൽ ബോധം ബോധമാണ് അനുഭവിക്കുന്നത് മേശ ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വളരെ ലളിതം നമുക്കൊക്കെ മനസ്സിലാക്കും മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല മേശ ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നില്ലെങ്കിൽ മേശയ്ക്ക് മേശയില്ല അതുകൊണ്ട് അതിനെ രോഗവും ഇല്ല ശുദ്ധശൂന്യം പിന്നെ ഈ മേശ എപ്പോഴാണുള്ളതായിത്തീരുന്നത് എവിടുന്നെങ്കിലും ബോധം വന്നിട്ട് ആ ബോധത്തിൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് തോന്നിയാൽ ഉണ്ട് ബോധം കൈവിട്ടാൽ മേശയില്ല ഉണ്ടെന്ന് ആർക്ക് സമർത്ഥിക്കാൻ കഴിയും ബോധത്തിൻ്റെയോട് ചേർന്ന് അല്ലാതെ മേശയ്ക്കൊരു ഉമ്മ ഉണ്ടെന്ന് സമർത്ഥിക്കാൻ ഈ ലോകത്താരുണ്ട് അതാണ് ശുദ്ധജടങ്ങളൊക്കെ ഞാനുണ്ട് എന്നനുഭവിക്കാനും കഴിയാത്ത ജഡങ്ങളൊക്കെ ബോധത്തിൻ്റെ വെറും തോന്നലുകൾ സങ്കൽപ്പങ്ങൾ മേശാമ സങ്കൽപ്പിച്ച് മേശ ഉണ്ടെന്ന് ബോധം തീരുമാനിക്കുന്നു ബോധം ആ സങ്കല്പം കൈവിട്ടാൽ മേശയില്ല ബോധത്തിന് പിന്നെ ശുദ്ധബോധം ബ്രഹ്മം സങ്കല്പമാണ് അതിൽ ഈ ജഡദ ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നത് എന്തായാലും ബോധമാണ് പരമ കാരണം ബോധമുണ്ടോ ജഗത്തുമുണ്ട് ബോധമുണ്ടോ ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എല്ലാം ഉണ്ട് ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് ജഗത്തായി കാണുന്ന എന്തും കാരണത്തിൽ നിന്നും ഭിന്നമായി ഒരു കാര്യമുണ്ടാകാനേ സാധ്യമല്ല കാരണം കണ്ടുപിടിക്കാനോ ഏതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് ഏതില്ലെങ്കിലില്ല ഇത് മാത്രം അന്വേഷിച്ച ആ വസ്തുവിനെ കണ്ടുപിടിക്കൂ കണ്ടുപിടിച്ചാൽ ആ വസ്തുവല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല മറ്റൊന്നും അതാണ് നമ്മുടെ ഉപനിഷത്തുക്കൾ ശക്തമായി നമ്മൾ പറയുന്നത് മനസൈവേദവാക്തവ്യം പല ഉപനിഷത്തുക്കളും ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മന്ത്രമാണ് പ്രഖ്യാപിക്കുന്ന മന്ത്രമാണ് നിങ്ങൾ ചിന്തിച്ചിത് മനസ്സിലാക്കും എന്താ രകത്തായി കാണപ്പെടുന്ന കാഴ്ചകളിലെ പരമകാരണം എന്തെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് അതാണ് മനസൈവേദവാക്തവ്യം മനസ്സുകൊണ്ട് നല്ല ചിന്തിച്ച് ഇത് ബോധ്യപ്പെടും നേഹനാനാസ്തി കിഞ്ചെന്ന ലേശം പോലും ഉള്ള പലതില്ല അല്പം പോലും പലതില്ല ഇനി പശ്യതീഹനേവ മൃത്യവോറും മൃത്യം സകച്ചെത്തി ആരാണോ പലതുണ്ടെന്ന് കാണുന്നത് ചെന്നാമരൂപങ്ങളാണ് ഈ ജനനവും മരണവും ഒക്കെ മാറി മാറി വരുന്ന നാമരൂപങ്ങളാണ് ഒരു നാമരൂപം പ്രത്യക്ഷപ്പെട്ടാൽ ജനനം എന്ന് തോന്നും നാമരൂപം പോയാൽ മരണമെന്ന് തോന്നും വസ്തുവിനോ യാതൊരു കേടുവില്ല ആ നിലയ്ക്ക് ജനന മരണങ്ങൾ പലതുണ്ടെന്നായി കാണുന്നുവോ അവർ മൃത്യോസ്വമൃത്യം വെച്ചെത്തി എഹ നാനേവ പശ്യത്തി ഇവിടെ പലതും കാണുന്നവർ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിട്ട് വരും ഇത് ഈ തത്വങ്ങളോട്ട് ചിന്തിച്ചുറപ്പിക്കുക ഉറപ്പിച്ചിട്ട് ഭഗവാൻ പറയുന്ന അഹം ക്രിസ്മസ് ജഗത്താ സമഗ്രമായ ഭഗവത് രൂപം എന്താ സമഗ്രമായ ഭഗവത് രൂപം ഇതൊക്കെ ഭഗവാൻ ഇവിടെ ഭഗവീശമിതം സർവം എൽ കിഞ്ച ജഗത്യാം ജഗത് ഈ ജഗത്തിൽ എന്തെന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ ഒക്കെ ഈശാവാസ്യം ഈശ്വരനാൽ അതായത് ശാസ്ത്രീയമായ ഈശ്വരനാൽ ബ്രഹ്മത്താൽ ബോധത്താൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് വസ്തുത ഭാഗവതം പുലമേ എത്ര ഗംഭീരമായിട്ടാണ് ഈ വസ്തുത നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ഭാഗവതം രചിക്കാനിടയായ സന്ദർഭം പോലും എന്താ വ്യാസഭഗവാൻ വേദങ്ങൾ വകുത്തു മഹാഭാരതം എഴുതി ഒട്ടേറെ പുരാണത്തിൽ എഴുതി ഒരു ദിവസം അദ്ദേഹം അങ്ങനെ സന്ധ്യാവന്തനും കാലത്തെ ഉള്ള സന്ധ്യാവന്തനുമൊക്കെ കഴിഞ്ഞ് സരസ്വതീ നദിയുടെ കരകൾ അങ്ങനെ ഇരിക്കുക മനസ്സിനൊരു കുണ്ഠിതം എന്തോ അല്പം ഒരു കുണ്ഠിതം ആലോചിച്ച് നോക്കിയിട്ട് ഭാഗവത രചനാ സന്ദർഭം പലർക്കും അറിയാമായിരിക്കും ഭാഗവത ഹൃദയം എന്ന പുസ്തകത്തിൽ ഇവിടെ അവർക്ക് ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിനൊരു കുണ്ഠിതം അദ്ദേഹം ആലോചിച്ച് നോക്കി എന്താ ഈ കുണ്ടിതം എൻ്റെ ഈ കുണ്ഠത്തിന് കാരണം പിടികിട്ടുന്നില്ല എങ്കിലും കുണ്ടിതം അകാരണമായ ഒരു കുണ്ഠിതം അപ്പോഴേക്കും നാരദ മഹർഷി അവിടെ ചോദിച്ചു എന്താ വ്യാസരെ സുഖം സുഖമാണല്ലോ പരമസന്തോഷം അനുഭവിക്കുന്നുണ്ടോ ഓ അങ്ങ് ഇവിടെ മഹത്വം പറഞ്ഞാൽ എന്ത് ഗംഭീരം വേദങ്ങളൊക്കെ പകർത്തു ശിഷ്യന്മാരെ കൂടി വേദങ്ങളൊക്കെ അങ്ങ് പ്രചരിപ്പിച്ചു മഹാഭാരതം എന്ന ഇതിഹാസം രഹിച്ചു അതിലില്ലാത്തതൊന്നും ഇല്ലെന്നാണല്ലോ ലോകപ്രസിദ്ധി ഞാൻ പിന്നെന്താ അങ്ങ് എന്തോ മോഹം കണ്ടുത്ത് അങ്ങക്കെന്തോ ഒരു വല്ലായ്മ ഉള്ളതായി തോന്നുന്നുള്ളോ ഉപവ്യാസം പറഞ്ഞു മഹാമനെ ശരിയാണ് അസ്ത്യവമേ സർവമിതം സ്വയോക്തം അങ്ങ് പറഞ്ഞ ഈ മഹത്വങ്ങളൊക്കെ എനിക്കുണ്ട് എങ്കിലും തഥാപി ആത്മാ പരിദുഷ്യത്തെ തന്നെ എങ്കിലും എൻ്റെ ആത്മാവിന് മനസ്സിന് ഒരു പൂർണ്ണ സന്തോഷം വരുന്നില്ല എന്താ ഈ കഥ എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മനസ്സുകൊണ്ട് ഇത് ചിന്തിച്ചറിയണം നേഹനാനാസ്തി കിഞ്ചന പശ്യീഹനേവ മൃത്യൂറും മൃത്യും സഗഛച്ഛത്തി അതിനുത്തമ ദൃഷ്ടാന്തമാണ് ഈ കഥ ഭാഗവത രചനാ സന്ദർഭം എന്നിട്ട് വ്യാസൻ പറഞ്ഞു എൻ്റെ മനസ്സിന് കുണ്ട മഹാമനെ എനിക്ക് പിടികിട്ടുന്നില്ല പക്ഷെ അങ്ങ് എല്ലാം അറിയുന്നയാളാണല്ലോ ലോകത്ത് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് മനുഷ്യ മനസ്സുകൾക്ക് വെളിച്ചവും ശാന്തിയും പകർന്നു കൊണ്ടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങക്ക് എൻ്റെ മനസ്സിൻ്റെ കുണ്ഠിതം ഒരു പക്ഷേ അറിയാമായിരിക്കും അങ്ങനെ എഴുതി ചെയ്ത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ കുണ്ഠിതം എന്ന് പറഞ്ഞുതരും അപ്പോഴാണ് നാരതൻ പറയുന്നത് നീ മറ്റൊക്കെ ചെയ്തു നിനക്കറിയാവുന്ന കാര്യം നീ പൂർണ്ണമായും വഹിച്ചില്ല നിനക്കറിയാവുന്ന കാര്യം എന്താ ഈശ്വരനേ ഉള്ളൂ ഗീതയിൽ തന്നെ ചെല്ലത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഈശ്വരനെ ഇവിടുള്ളൂ എന്ന വസ്തുത നീ പൂർണ്ണമായും നിൻ്റെ മഹാഭാരതത്തിൽ വ്യക്തമാക്കിയില്ല പിന്നെന്താ അവിടെ അവിടെ ധർമ്മത്തിന് ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ബ്രഹ്മത്തിനല്ല വാസ്തവത്തിൽ അന്തിമമായ ധർമ്മം ബ്രഹ്മമാണ് ജഗത്തിനെ ധരിക്കുന്നത് ധർമ്മം എന്നാണ് ധർമ്മശബ്ദത്തിനർത്ഥം ജഗത്തിനെ ധരിക്കുന്നത് ഉള്ളതാക്കി തോന്നിപ്പിക്കുന്നത് ബ്രഹ്മമാണ് അതുണ്ട് ജഗത്ത് ധർമ്മക്ഷേത്രം അതായത് ബ്രഹ്മക്ഷേത്രം ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് ജഗത്ത് ക്ഷേത്രം ക്ഷേത്രം ഞാൻ പതിമൂന്നാം അധ്യായത്തിൽ ഗീത അത് അത്യന്തം വ്യക്തമായി പ്രഖ്യാപിക്കുന്നതും ഉണ്ട് ഗീതയിൽ തന്നെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ്രഹ്മത്തെ വിട്ടിട്ടുള്ള ധർമ്മം എന്ന് കണക്കാക്കരുത് ആ ധർമ്മത്തിന് ക്ഷേത്രമൊന്നുമില്ല ക്ഷേത്രം വെച്ചാൽ ശരീരമാണ് ബ്രഹ്മശരീരമാണ് ജഗത്ത് ബ്രഹ്മശരീരം അതാണ് ബ്രഹ്മക്ഷേത്രേ കുരുക്ഷേത്രയെ സമവേത ഉത്സവമാണ് എന്ന് ഗീത തുടങ്ങുന്നത് തന്നെ ഭാരതത്തിൽ ധർമ്മത്തിനെന്തിന് ഭഗവാനെ വിട്ടിട്ട് ധർമ്മത്തിന് എന്തിനത്ര പ്രാധാന്യം നൽകി മഹാഭാരതത്തിൻ്റെ മുദ്രാവാക്യം തന്നെ യഥോ ധർമ്മസ്ഥതോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് ധർമ്മ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിച്ചാൽ അത് നിങ്ങളെയും രക്ഷിക്കും എന്നിട്ട് ഒടുവിൽ പറയുന്നു കുർത്തുബാഹു വിരീഷ നൃണോതിമാ ധർമാർദ്ധസ്ഥ കാമസ്ഥ സധർമ്മയ്ക്കിന്ന സേവ്യത്തെ ഇതാണ് മഹാഭാരത്വം ഞാൻ കൈ രണ്ടും പൊക്കെ നിരവിളിച്ച് പറയുന്നു ധർമ്മർത്ഥസ്ഥ കാമസ്ഥ ധർമ്മത്തിൽ നിന്ന് അർത്ഥകാമങ്ങൾ ലഭിക്കും ആ ധർമ്മത്തെ എന്തുകൊണ്ട് മനുഷ്യ ആ സേവിക്കുന്നില്ല വ്യാസരെയും നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ എഴുതി വെച്ചത് പക്ഷേ നിങ്ങളൊന്നാലോചിക്കും ധർമ്മം പോലും ്രഹ്മത്തെ വിട്ടാൽ ആരെങ്കിലും രക്ഷിക്കുമോ രക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല കടുത്ത ബന്ധമായി തീരും ഒരൊറ്റ ചെറിയൊരു ഉദാഹരണം ഗായത്രി ജപിക്കണം ഇതിൽ കഴിഞ്ഞൊരു വലിയ ധർമ്മം ഉണ്ടോ എന്ന് എഴുതിച്ചുകൊണ്ട് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് ഗായത്രി ജപിക്കണം അത് എന്താ കാലത്ത് കുളിക്കണം കൃത്യസമയത്ത് എണീക്കണം എന്നിട്ട് ഗായത്രി മന്ത്രം ദിവസവും ജപിക്കണം അതിങ്ങനെ ജപിച്ചു ജപിച്ചു ജപിച്ചു വന്നപ്പോൾ ഗായത്രി മന്ത്രജീപം ഒരു വാസനയായി മാറി കാലം കഴിഞ്ഞു വയസ്സായി എണീക്കാൻ വയ്യ കാലത്തെ കുളിക്കാൻ വയ്യ പനിയായി കുളിക്കാതെ ഗായത്രി ജിച്ചുകൂടാ അങ്ങനെയൊക്കെ ദൈവങ്ങളുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്നാൽ സാറിപ്പോൾ ഗായത്രി ജപിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് ശരീരത്തിന് മയ്യ എണീക്കാൻ മയ്യ ആ പനി വന്നാൽ എങ്ങനെ ഗായത്രി ജപിക്കും ഇതിനാണോ ഗായത്രി ജവിച്ചത് കൂടുതൽ വയസ്സാവുമ്പോൾ കരയാൻ കഴുകോ ഗായത്രി ജവിച്ചത് എഴിക്കാൻ മയ്യാതായപ്പോൾ ഇത് ഇത് ചെറിയൊരു ധർമ്മം ഗായത്രി വലിയ ഗംഭീരമാ ഒരു വിരോധമില്ല ഗായത്രിയൊക്കെ ജപിക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്രഹ്മമെന്ന ധർമ്മത്തെ ഉറപ്പിക്കണം ായത്രി മാത്രല്ല ഇവിടെ എന്തെന്തൊക്കെ കേൾക്കുന്നു അതൊക്കെ ബ്രഹ്മ മന്ത്രം അയ്യോ സാർ അങ്ങനെയൊക്കെ ഉറപ്പിക്കാൻ പറ്റുമോ ഒരാൾ ഒന്ന് അല്പം നമ്മൾ പരിഹരിച്ചാൽ അത് ബ്രഹ്മമാണ് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ ആ ബ്രഹ്മമാണ് ഉറപ്പിക്കണം ഉറപ്പിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ കരയേണ്ടി ഗായത്രി മാത്രമേ ബ്രഹ്മുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടിയാൽ നിശ്ചയമായിട്ടും കരയേണ്ടി വരും ഇതിനാണോ ഈശ്വര ഭജനം ഒരു ഒരു കരഞ്ഞ് കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ ജന അടുത്ത ജന്മത്തിനും ഗായത്രി ജപിക്കാനായിട്ടൊന്ന് ജനിക്കാൻ എന്നുവെച്ചാൽ അവസാന കാലത്ത് ഗായത്രി ജപിക്കാൻ പറ്റുന്നില്ല എന്ന സങ്കടത്തോടു കൂടിയാണ് ഇല്ല മരിച്ചത് ഇത് നാരദന് എത്ര ശക്തമായിട്ട് വ്യാസരോട് പറയുന്നു എന്നറിയാമോ ജുഗുത്സിതം ധർമ്മകൃത അനുശാസരക്ത മഹാൻ വ്യതിക്രമ അല്ലെങ്കിൽ വ്യാസരെ ജുഗുത്സിതം ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഏത് കർമ്മവും ജുഗുത്സിതമാണ് ഇതാണ് മനുഷ്യത്തിൻ്റെ പ്രഖ്യാപനം കർമ്മം ചെയ്യൂ ബ്രഹ്മയജ്ഞമായി കർമ്മം ചെയ്യൂ എന്നും ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട് കർമ്മം അങ്ങേറ്റം വിഗുസിതം എന്താ ഭഗവാൻ കൃഷ്ണൻ പറയുന്നില്ലേ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ കൃഷ്ണൻ തന്നെ പറയുന്നു ഈശ്വര ബുദ്ധിയെ മാറ്റി നിർത്തിയിട്ട് അവരം കർമ്മ ഏത് കർമ്മം ചെയ്താലും അതെത്ര ധർമ്മമായാലും കഠോപനുഷ്യത്തൊക്കെ വായിച്ച് നോക്കുക ആ നചികേദസ്സിനെ അച്ഛൻ വലിയ സർവസ്വദാനം ആ സർവസ്വദാനം അച്ഛന് വലിയ പാപമുണ്ടാക്കുന്ന കർമ്മമാണെന്ന് നചികേദസ്സിനെ തോന്നി എന്നിട്ട് അങ്ങനെയാണത് നടത്തിയത് എല്ലാം ദാനം ചെയ്യുക പക്ഷെ ബ്രഹ്മത്തെ വിട്ടിട്ടാണ് വെറും പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം ഇതാണ് നാരദം പറയുന്നു ജുഗുപ്സിതം ധർമ്മകൃതയെ അനുശാസത അരോ വ്യാസരെ ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട് ധർമ്മമെന്ന പേരിൽ വെറും കർമ്മത്തെ നിങ്ങൾ ഉപദേശിക്കുക ധർമ്മമൊക്കെ കർമ്മമാണ് അത് പേരിൽ നിങ്ങൾ ഉപദേശിക്കുന്നു അതനുഷ്ഠിക്കുന്ന ഒരാളിന് ആ കർമ്മം വാസനയായി മാറും ഏത് കർമ്മവും മനുഷ്യ മനസ്സിന് തുടർന്ന് അനുഷ്ഠിച്ചാൽ വാസനയാവും അങ്ങനെയാണ് ഇന്നത്തെ ആചാരങ്ങളൊക്കെ പലരും അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ ഈ ആചാരങ്ങൾ ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട് അനുഷ്ഠിക്കുമ്പോൾ അതൊക്കെ വാസനയായി മാറുന്നു ജീവിതാവസാനത്തിൽ അതൊന്നും നടത്താനും പറ്റുന്നില്ല അതാണ് ജുഗുത്സിതം കർമ്മകൃതയെ അനുശാസത്ത സ്വഭാവരക്തസ്യ മനുഷ്യൻ്റെ മനസ്സ് എന്താ വർത്തിച്ചനുഷ്ഠിക്കുമോ അതിൽ വാസനാഗത്തമായി തീരും ധർമ്മമായാലും ശരി അധർമ്മമായാലും ശരി ശ്രീരാമകൃഷ്ണചേതൻ പറയും പോലെ അങ്ങനെ വന്നാൽ ധർമ്മം സ്വർണ്ണ ചെന്നല്ല കൊണ്ടുള്ള കെട്ട് അധർമ്മം ഇരുമ്പ് ചെന്നല കൊണ്ടുള്ള കെട്ട് ഇരുമ്പിനേക്കാൾ ബലമാണ് സ്വർണത്തിന് അതാണ് ഇന്ന് പലരിലും ആചാരങ്ങളിൽ കിടന്ന് കുഴയുക അവർക്കതൊന്ന് വിടണമെന്ന് വെച്ചാൽ സാധ്യമയല്ല മനസ്സെന്ത് ചെയ്താൽ അനു അനുവദിക്കില്ല നേരെ വെച്ച ബ്രഹ്മം ഇപ്പം ഗായത്രി ജോ ഒരു വിരോധമില്ല ബ്രഹ്മം ഇതൊക്കെ ബ്രഹ്മമാണ് ഗായത്രി അല്ലാത്തതും ബ്രഹ്മമാണ് യാതൊന്നും കേട്ടതത് ആരാ നാരായണശ്രുതികൾ എന്ത് കേട്ടാലും ബ്രഹ്മമന്ത്രം എന്നുറപ്പിക്കുന്ന ഒരാൾക്ക് ആ ഗായത്രി ഇന്ന് പനിയായി ജപിച്ചില്ല സാരില്ല എന്താ സർവം ബ്രഹ്മം വരും പനിയായതും ബ്രഹ്മം ഞാനും ബ്രഹ്മം പനിയും ബ്രഹ്മം ജപിക്കുന്നതും ബ്രഹ്മം ജവിക്കാത്തതും ബ്രഹ്മം അയ്യോ സാറെ ഇങ്ങനെയൊക്കെ ഉറപ്പിക്കാമോ അങ്ങനെയൊക്കെ ഉറപ്പി തുടങ്ങി പിന്നെ മനസ്സിൽ വേദമോർത്തവ്യം നേഹമാനാസ്തി കിഞ്ചന് എന്നുപനിഷത്ത് ലേശങ്ങളും കർമ്മത്തിൽ പലതില്ല കാഴ്ചയിൽ പലതില്ല പറച്ചിലിൽ പലതില്ല ബോധമില്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം നടക്കുമോ എന്തെങ്കിലും ചീത്ത പറയാൻ പറ്റുമോ ബോധമില്ലെങ്കിൽ സകലതും ബോധത്തിലും ഉത്ഭവിക്കുന്നു ലോകമെങ്ങനെയോ പോട്ടെ ഇല്ലാത്ത ലോകം അവനവൻ ശാന്തിയും സുഖവും വേണമോ ഇത് ഉറക്കണം അല്ലെങ്കിൽ മൃത്യസ്തമൃത്യുമാക്കുന്നത് ഭയന്ന് ഭയന്ന് അവസാനം ജീവിതം നഷ്ടപ്പെടും ഈ ചിന്തയിൽ നഷ്ടപ്പെടുന്ന ജീവിതം വീണ്ടും അതേ രീതിയിൽ വരും അതേ രീതിയിൽ ഇതൊക്കെ അനുഷ്ഠിക്കാനായിട്ട് തിരിച്ചുവരും ഒന്നും അനുഷ്ഠിക്കേണ്ട നല്ല ഇതിനർത്ഥം നല്ലതൊക്കെ ചെയ്തുകൊള്ളുകൾക്കാലം തോന്നുന്നത് പക്ഷേ കുറേ കഴിയുമ്പോഴെങ്കിലും നല്ലതും ചീത്തയും ബ്രഹ്മമാണ് ഇത് കൃഷ്ണൻ ഉത്തവരോട് പറയുകയാണ് മടയാ ഭ്രമമാണ് ഈ ഭ്രമത്തെ നീ നല്ലതെന്നും ചീത്ത എന്നും ഒന്നും വേർതിരിക്കരുത് ഏകാദശ സ്കന്ധത്തിൽ ആദ്യ ഉത്തവരോട് ഭഗവാൻ പറയുന്നതാണ് അപ്പോൾ ഇവിടെ നാരദം പറയുന്ന എന്താ വാക്യോ ധർമ്മീതി ഇതരസ്ഥിത്തോ അല്ലെങ്കിൽ വ്യാസനെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ധർമ്മമാണെന്നും പറഞ്ഞ് അനുഷ്ഠിക്കുകയാണ് ഗായത്രി കുളിച്ചോണ്ടേ ചെയ്യാവൂ എങ്ങനെയെന്ന് തെക്കിഴക്കോട്ട് തിരിഞ്ഞിരുന്നേ ചെയ്യാവൂ ഇങ്ങനെ ഒരുപാട് ആചാരങ്ങൾ ഈ അത് ഒരു ദിവസം കുളിക്കാതെ ഗായത്രി ജവിച്ചാൽ പാടില്ല പാടില്ല വ്യാസനും പറഞ്ഞിരിക്കുന്നു വ്യാസനും പറഞ്ഞിരിക്കുന്നു പാടില്ല എന്ന് പിന്നെ ഇപ്പം ഞാനെങ്ങനെയാ ജപിക്കുക നേരെ മറിച്ച് ഈ ബ്രഹ്മബോധമുറപ്പ് നിങ്ങൾ ഇങ്ങനെ ചിലതൊക്കെ പറയാതെ സർവം ബ്രഹ്മമയമാണ് എന്നൊരു ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾ ആ ബ്രഹ്മത്ത് ആ മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഈ ധർമ്മത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാതെ എൻ വാക്യതോ ധർമ്മീതരസ്ഥിത്വോ നമന്യതയെ തസ്യ നിവാരണം ആ ധർമ്മമായി അനുഷ്ഠിക്കാൻ പറഞ്ഞത് മരിക്കാൻ കിടക്കുമ്പോഴും വേണ്ടെന്ന് വയ്ക്കാൻ തോന്നുന്നില്ല എന്താ വ്യാസൻ പറഞ്ഞിരിക്കുന്നു ഞാൻ മരിക്കാൻ പോകുന്നതൊക്കെ ശരി തന്നെ പക്ഷെ വ്യാസൻ പറഞ്ഞാൽ ധർമ്മം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ അങ്ങനെ ഈ ലോകത്തോട് വലിയൊരു അക്രമം കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ മനസ്സിന് പൂർണ്ണ സന്തുഷ്ടി ശാസ്ത്രീയ സത്യമെന്താ ഇവിടെ ധർമ്മമെന്നോ അന്തിമമായി അധർമ്മമെന്നോ ഒന്നുമില്ല ഒന്നും ഒരു ഈശ്വരൻ മാത്രം അഖണ്ഡബോധസ്വരൂപിയായ ഈശ്വരൻമാത്രം ഇത് സർവത്ര പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ പുസ്തകമുള്ളു അങ്ങനെ വ്യാസൻ ഭാഗവതം എഴുതി എന്നാണ് ഭാഗവത രചനാ സന്ദർഭം കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത് അതോ നമുക്കെന്താ അതാണ് കൃഷ്ണൻ ഇതാണ് ഭഗവാനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് എന്താ സമ്പൂർണമായ അറിവ് അഹം കൃഷ്ണസ് ജഗത പ്രഭുവളയഥ ആറാമത്തെ ശ്ലോകം കൃഷ്ണൻ ഇത് ഏഴാം അധ്യായത്തിലല്ല എല്ലാ അധ്യായത്തിലും ഈ ലക്ഷ്യം ആവർത്തിക്കുന്നു ലക്ഷ്യം ആവർത്തിക്കുകയും മറ്റൊക്കെ ഉപായങ്ങളാണ് ഞാൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞാലും ചിലർ ചോദിക്കും ഓ പഞ്ചഭൂതങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്നില്ല ആ പഞ്ചഭൂതങ്ങളോ അത് സാരമില്ല ശക്തി എൻ്റെ ശക്തി തന്നെ കാണിക്കുന്ന കുറേ കാഴ്ചകളാണ് പഞ്ചഭൂതങ്ങൾ എന്നുവച്ചാൽ ഞാനും ശക്തി ഒന്ന് ശക്തി ഉണ്ടാക്കി കാണിക്കുന്ന പഞ്ചഭൂതങ്ങളുമൊക്കെ ഞാൻ തന്നെ കാരണകാരി വിവേചനം ചെയ്ത് ഒന്നേ ഉള്ളൂ എന്നുറപ്പിക്കൂ അതിനു വേണ്ടിയാണ് എൻ്റെ പ്രകൃതിയാണ് പഞ്ചഭൂതങ്ങൾ എൻ്റെ പ്രകൃതിയാണ് മനസ്സ് അഹങ്കാരം നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ ബുദ്ധിപണത്തിനോ പ്രശസ്തിക്കോ ഒക്കെ വേണ്ടി പ്രവർത്തിക്കണം എന്ന് നിർബന്ധിക്കുമ്പോൾ അവിടെയും സർവ്രഹ്മും ന്യായമായിട്ടുള്ളതൊക്കെ ചെയ്യാം ഈ വ്യവഹാരം ഒരു നേരം പോക്ക് വെറും ഒരു നാടകം അവിടെ നമ്മുടെ നിലനിൽപ്പിന് കുഴപ്പം വരാത്ത വണ്ണം നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ തത്വചിന്തയ്ക്ക് മാത്രമേ കഴിയും അല്ലെങ്കിൽ മായാബദ്ധരായി വാസനകളിൽ കുടുങ്ങി ധർമ്മകാര്യങ്ങളിൽ പോലും നമ്മൾ വേണ്ടാത്തതൊക്കെ ചെയ്ത് കുടുംബത്തിനും നാട്ടിനും ജനങ്ങൾക്കും എപ്പോഴും അസ്വാസ്ഥ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കുടുംബത്തിലെ ഈ ആചാരങ്ങൾ ചില ആചാരങ്ങൾ അതിനഭിപ്രായ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആചാരം എന്തിനാ ശ്രീരാമകൃഷ്ണദേവൻ്റെയും ശിവൻ്റെയും പഴം ചോരിൽ തൂക്കിയാൽ ഭാര്യയ്ക്കും ഭർത്താവും അഭിപ്രായ വ്യത്യാസം ശ്രീരാമകൃഷ്ണദേവൻ്റെ പടം ഭാര്യക്കിഷ്ടം ഭർത്താവിന് ഇഷ്ടമില്ല അതുകൊണ്ടയാൾ ശിവന്റെ പടം തൂക്കുന്നു രണ്ടുപേരും നേരമ്പളെത്തായിരട്ടുന്നത് ഒരു വഴക്ക് ആർക്കും ആ പടം അങ്ങോട്ട് ഒരു പടം അല്ലെങ്കിൽ രണ്ട് പടമോ വേണ്ടെന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ശിവൻ ശിവൻ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ എന്ന് കരുതാനും സാധിക്കുന്നില്ല കരഞ്ഞും കൊണ്ട് എൻ്റെ അടുക്കിൽ വന്നൊരാൾ പറഞ്ഞതാണ് എല്ലാ സൗഭാഗ്യവും ഉണ്ട് സർ ആ പെൺകുട്ടി അവിടെ കല്യാണം കഴിച്ചു അയാൾ എഞ്ചിനീയർ അവർ എന്തോ ലൊക്കെ രണ്ടുപേരും കൂടെ കാത്തു കുടിക്കാൻ വന്നിരുന്നാൽ വഴക്ക് നിൻ്റെ ശ്രീരാമകൃഷ്ണൻ എൻ്റെ ശിവൻ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഞാൻ വിടില്ല എൻ്റെ ശ്രീരാമകൃഷ്ണൻ എൻ്റെ ശിവനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയില്ല ഇങ്ങനെയാണ് ഈ ഈശ്വര ചിന്തകളിൽ പോലുമുള്ള അജ്ഞത നേരെ മറിച്ച് സർവം ബ്രഹ്മമയം എന്ന ഈ സത്യം ബുദ്ധിക്കെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ എത്ര നിസ്സാരം പ്രശ്നങ്ങൾ എന്ത് ഗംഭീര പ്രശ്നങ്ങൾ വന്നാലും ഒരു നിമിഷം കൊണ്ട് പരിഹരിച്ച് കുടുംബത്തിന് അതിരറ്റ സ്വാസ്ഥ്യം ഉണ്ടാക്കാൻ കഴിയും ബ്രഹ്മനിഷ്ഠങ്ങൾ വേണ്ട കുറച്ചെങ്കിലും സിദ്ധാന്തപരമായിട്ടെങ്കിലും ഈശാവാസനിതം സർവം എന്നത് മനസ്സിനുറപ്പിക്കുക ഉറപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളിന്ന് ശാസ്ത്രീയമായി ചർച്ച ചെയ്തല്ലോ ബോധമല്ലാതെയുള്ള ഒന്നുമില്ല അതുകൊണ്ട് ആരോടും പറയണമെന്നില്ല വീട്ടിലായാലും പുറത്തായാലും രഹസ്യമായി കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപം യാതൊന്നും കണ്ടതും നാരായണ പ്രതിമ എന്തായാലും യാതൊന്നു കേട്ടതത്തു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്ത തത്വം നാരായണ അർച്ചനകൾ എന്ത് കർമ്മവും എന്താ നാരായണനെ ഉള്ളു അതുകൊണ്ട് എന്ത് കർമ്മവും നാരായണ അർച്ചനകൾ യാതൊക്കെ നമ്മുടെ ആചാര്യൻ എന്ത് ഭംഗിയായി പറഞ്ഞിരിക്കുന്നു യാതുന്നതൊക്കെ ഹരിനാരായണായ നമ ഈ അദ്വൈതം ബ്രഹ്മ തത്വം നമുക്ക് ദിവസം പ്രതി അതാണ് ഗീതയിൽ സമഗ്രം എന്ന് പറഞ്ഞത് ഭഗവാൻ അത് ആവർത്തിച്ചു പറയുന്നു നാളെ നാളത്തെ ശ്ലോകത്തിൽ നാളെ നമ്മളെടുക്കാൻ പറയും ശ്ലോകം ഏഴാമത്തെ ശ്ലോകം ആദ്യം പറയുന്നില്ല അർജുന മത്ത പരതരൻ നന്യ ക്രിഞ്ചിതനഞ്ജരാ ഇതാവർത്തിക്കുകയാണ് ഇത് ഉറപ്പുവരുത്താനാണ് മറ്റു ചർച്ചയൊക്കെ ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ ഈ തത്വം അല്പം ബുദ്ധിമുട്ടി ആയാലും എന്നുവെച്ചാൽ മറമ്പവും വീണ്ടും ഓർമ്മിക്കുക മറക്കുമ്പോർ ഓർമ്മിക്കുക ഓർമ്മിച്ച് ഉറപ്പിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം